അധ്യായം പതിനെട്ട് ഇസ്രയേൽ രാജാവായ ഏലയുടെ മകനായ ഓശയുടെ മൂന്നാമണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി അവൻ വാഴ്ചു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുശിലേമിൽ ഇരുപത്തൊമ്പത് സംവത്സരം വാണു അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ അവൾ സെഖരിയാവിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ പിതാവായ ദാവിത് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു മോശയുണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു ആ കാലം വരെ ഇസ്രയേൽ മക്കൾ അതിന് ധൂപം കാട്ടിവന്നു അതിന് നെഹുഷ്ടാൻ എന്നു പേരായിരുന്നു അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു യഹോവ അവനോടു കൂടെ അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു അവൻ അശുർ രാജാവിനോട് മത്സരിച്ചു അവനെ സേവിക്കാതിരുന്നു അവൻ ഫിലിസ്തീരെ ഗസയോളം തോൽപ്പിച്ചു കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കിക്കളഞ്ഞു ഇസ്രയേൽ രാജാവായ ഏലയുടെ മകൻ ഓഷെയുടെ ഏഴാം ആണ്ടായി ഹിസ്കിയ രാജാവിന്റെ നാലാണ്ടിൽ അശുർ രാജാവായ ഷൽമനേശ്വർ യുടെ നേരെ പുറപ്പെട്ടുവന്ന് അതിനെ നിരോധിച്ചു മൂന്ന് സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു ഇസ്കിയാവിന്റെ ആറാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഓഷെയുടെ ഒമ്പതാം ആണ്ടിൽ തന്നെ ഷമരിയ പിടിക്കപ്പെട്ടു അശൂർ രാജാവ് ഇസ്രയേലിനെ അശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഹലഹിലും ഗോസാൻ നദീതീരത്തുള്ള ഹാബൂരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളയുകയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരിവ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടുവന്ന് അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖിഷിൽ അശുർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ട് മടങ്ങിപ്പോകണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറയിച്ചു അശുർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് താലന്ത് വെള്ളിയും മുപ്പത് താലന്തു പൊന്നും പിഴ കൽപ്പിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ രാജധാനിയിലെ ഭണ്ണാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു ആ കാലത്ത് യഹൂദരാജാവായ പിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിനെ കൊടുത്തയച്ചു എങ്കിലും അശൂർ രാജാവ് തർത്താനേയും റബ്സാരീസിനെയും റബ്ശാക്കേയും ലാഖിഷിൽ നിന്ന് കിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി എരുഷലേമിന്റെ നേരെ അയച്ചു അവർ പുറപ്പെട്ട് എരുഷലേമിൽ വന്നു അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ ചെന്നു അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിൽകിയാവിന്റെ മകൻ എല്ലിയക്കീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരനായ ശബനയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തുചെന്നു റബ്ഷാക്കെ അവരോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രെ ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്കോലായ ഈ മിശ്രൈമിലല്ലോ നീ ആശ്രയിക്കുന്നത് അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അതവന്റെ ഉള്ളംകൈയിൽ തറച്ചുകൊള്ളും മിശ്രയിം രാജാവായ ഫറവോൻ തന്നിലാശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അല്ല നിങ്ങളെന്നോട് ഞങ്ങളുടെ ദൈവമായ ഹോവിയിൽ ഞങ്ങളാശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദയോടും എരുഷലേമിലോടും എരുശലേമിലുള്ള ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനനായ അശൂർ രാജാവുമായി വാതുകെട്ടുക നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് രണ്ടായിരം കുതിരയെ തരാ നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയദാസന്മാരിൽ ഒരു പടനായകനെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിശ്രൈമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവയെന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഹിൽക്യാവിന്റെ മകനായ എല്യാക്കീമും ഷബനയും യോവാഹും റബ്ഷാക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദാഷയിൽ സംസാരിക്കരുതേ എന്നു പറഞ്ഞു റബ്ഷാക്കെ അവരോട് നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്കു പറയുവാനോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലെയോ എന്നു പറഞ്ഞു അങ്ങനെ റബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പീൻ രാജാവിപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ അവന് കഴിയയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടിവിക്കും ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്നു പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത് ഇസ്കിയാവിന് നിങ്ങൾ ചിവി കൊടുക്കരുത് അശുർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തുവരുവേൻ നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ മുന്തിരി ഫലം തിന്നുകയും താൻ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളേൻ പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരി തോട്ടങ്ങളും ഒലിവെണ്ണയും പേനുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത് ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ സെഫർവൈമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ ശമരിയേ അവർ എന്റെ കൈയിൽ നിന്ന് വിടിവിച്ചിട്ടുണ്ടോ യഹോവ എരുഷലേമിനെ എന്റെ കൈയ്യിൽ നിന്ന് വിടിവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കൈയിൽ നിന്ന് വിടിവിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു ഇൽകിയാവിന്റെ മകനായ എല്യാക്കീം എന്ന രാജധാന്യ വിചാരകനും രാജസക്കാരനായ ഷബനയും ആസാഫിന്റെ മകനായ യോവാ എന്ന മന്ത്രിയും വസ്ത്രം കീറി ഇസ്കിയാവിന്റെ അടുക്കൽ വന്ന് റബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു